ഇന്ത്യയിൽ ആദ്യം ഇന്ത്യക്കാരനായ ആദ്യത്തെ വായുസേനാ മേധാവി എയർ മാർഷൽ എസ് മുഖർജി ആദ്യത്തെ കരസേനാ മേധാവി ജനറൽ എം രാജേന്ദ്രസിംഗ് ആദ്യത്തെ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ ആർ ഡി ഖത്രി ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ എസ് പി എസ് ജെ മനേക്ഷ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാരൻ ഹെസ്റ്റിംഗ്സ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ മൌണ്ട് ബാറ്റൻ പ്രഫു ഷാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യക്കാരി സുസ്മിതാ സെൻ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാബായി നവറോച്ചി ലോക്സഭയുടെ ആദ്യ സ്പീക്കർ ജി വി മാവലങ്കർ രാജ്യസഭയിലെ ആദ്യത്തെ ചെയർമാൻ എസ് പി കൃഷ്ണമൂർത്തി ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഷീലലാൽ ജെ കനയ്യ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ജനറൽ കെ എം കരിയപ്പ ആദ്യത്തെ വായുസേനാ മേധാവി എയർ एयर मार्शल, सर എം ഹേഴ്സൺ ഇന്ത്യൻ യൂണിയന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാര്യ ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തി ഭാനു അസയ്യ ദക്ഷിണ ധ്രുവത്തിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കേണൽ ഐ കെ ബജാറ്റ് ആദ്യത്തെ ഐ സി എസ് ഉദ്യോഗസ്ഥൻ സത്യേന്ദ്രനാഥ് ടാഗോർ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സൺ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരതി സാഹ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി ടെൻസിംഗ് നോർഗെ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ജബീന്ദ്രനാഥ ടാഗോർ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു എവറസ്റ്റ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിലെ ആദ്യത്തെ ഇന്ത്യക്കാരൻ സർ എസ് പി സിൻഹ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഭരണകാലത്തിനിടയിൽ മരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ തിരഞ്ഞെടുപ്പിൽ ആദ്യ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജിവെച്ച ആദ്യത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായ ആദ്യത്തെ വനിത രാജ്കുമാരി അമൃത്കൌർ ആദ്യത്തെ വനിതാ അംബാസിഡർ കൊണിറ ബലിയപ്പ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ വനിത കമൽജിത്ത് സംഘു സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബേദി ആദ്യത്തെ ഐ പി കിരൺ ബേദി ലോകസുന്ദരി പട്ടം ലഭിച്ച ആദ്യ ഇന്ത്യാക്കാരി റീത ഭാര്യ ബുക്കർ സമാൻ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നോവലിസ്റ്റ് അരിന്ധുതി റോയ് ഭാരതരത്നം ലഭിച്ചി ഇന്ത്യൻ സിനിമയിൽ എത്തിയ ആദ്യത്തെ നടി കമൽഭായി ഗോഖലെ ആദ്യ വനിതാ മേയർ സാറാ ചെറിയാൻ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യ വിമാനം എച്ച് ടി രണ്ട് ഇന്ത്യക്കാർ സ്ഥാപിച്ച ആദ്യത്തെ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആദ്യത്തെ വനിതാ കോളേജ് ബധ്യൂണെ കോളേജ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ഓഫ് ബംഗാൾ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ കെ നായിഡു പ്രസാർ ഭാരതി ബോർഡിന്റെ ആദ്യത്തെ ചെയർമാൻ നിഖിൽ ചക്രവർത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപന ചൌള ഇന്ത്യാക്കാരനായ ആദ്യത്തെ പൈലറ്റ് ജെആർഡി ടാറ്റ അന്റാർട്ടിക്കയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ലഫ്റ്റനന്റ് റാംചരൺ ലോക്സഭയുടെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യത്തെ ജഡ്ജി ജസ്റ്റിസ് ബി രാമസ്വാമി ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് കൊൽക്കത്ത ആദ്യത്തെ സംസ്കൃത ഭാഷാ സിനിമ ശങ്കരാചാര്യ ആദ്യത്തെ ബാലനടൻ ബാലചന്ദ്ര ഭാൽകെ ആദ്യത്തെ ബാലനടി മന്ദാജിനി ഭാൽകെ ആദ്യത്തെ കഥാചിത്രം പുണ്ടാലിക് ആദ്യത്തെ ശബ്ദ ആലം ആര സുവർണ ജൂബിലി ആഘോഷിച്ച ആദ്യ സിനിമ സന്ത് തുക്കാറാം ആദ്യത്തെ ഭൂഗർഫ് റെയിൽവേ കൊൽക്കത്ത ആദ്യത്തെ ഡബിൾ ഡക്കാൻ ട്രെയിൻ സിംഹഗഡ് എക്സ്പ്രസ് ആദ്യത്തെ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ രാജധാനി എക്സ്പ്രസ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ദേശീയ നേതാവ് മഹാത്മാഗാന്ധി തപാൽ സ്റ്റാമ്പ് പുറപ്പെടുവിച്ച ഇന്ത്യൻ നാട്ടുരാജ്യം കത്തിയാവാഡ് ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര ആദ്യത്തെ ഇന്ത്യൻ ഭാഷാപത്രം ർപ്പൺ ആദ്യത്തെ പത്രം ബംഗാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ ബൌളർ ഹർഭജൻ സിംഗ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ഇന്ത്യൻ ബൌളർ ചേതൻ ശർമ്മ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഓവറിലെ എല്ലാ പന്തും സിക്സർ അടിച്ച ഇന്ത്യക്കാരൻ രവിശാസ്ത്രി ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ലാലാ അമർനാഥ് ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തോംസൺ കോളേജ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം സിനിമ കാൻ കാൻ ഡാൻസ് ആദ്യത്തെ മുഴുനീള കഥാ രാജാ ഹരിചന്ദ്ര ആദ്യത്തെ ഇലക്ട്രിക് പാത മുംബൈ വീറ്റി മുതൽ കുർള വരെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം എസ് എൽ ബി മൂന്ന് ആദ്യത്തെ സർവീസ് അലഹാബാദ് മുതൽ നൈനി വരെ ആദ്യത്തെ റെയിൽവേ കമ്പനി ഈസ്റ്റ് ഇന്ത്യൻ റെയിൽവേ കമ്പനിയും ഗ്രേറ്റ് ഇന്ത്യൻ പെനിസുലാർ റെയിൽവേ കമ്പനിയും ആദ്യമായി തീവണ്ടി ഓടിയ പാത മുംബൈ താനി ആദ്യത്തെ റെയിൽവേ ടെർമിനൽ ബോറി ബന്ദർ റെയിൽവേ ടെർമിനൽ ആദ്യത്തെ നിയമ സർവകലാശാല നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ കാലം പാർലമെന്റ് അംഗമായിരുന്ന വ്യക്തി ഇന്ദ്രജിത് ഗുപ്ത ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സിംഗ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി ആദ്യ വനിത ഡോക്ടർ ആനന്ദഭായി ജോഷി ലോകാരോഗ്യ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത് ഭാരതരത്നം ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ രാമൻ ഭാരതരത്നം ലഭിച്ച ആദ്യ സംഗീത പ്രതിഭ എം എസ് സാക്ഷര നഗരം കോട്ടയം ആദ്യ സമ്പൂർണ്ണ സാക്ഷര ജില്ല എറണാകുളം ആദ്യ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനം കേരളം ആദ്യ ഇന്ത്യൻ നിർമ്മിത മുങ്ങിക്കപ്പൽ ഐ എൻ എസ് ഇംഗ്ലീഷ് ചാനൽ രണ്ടു തവണ നീന്തിക്കിടന്ന ഏഷ്യാക്കാരി ബുല ചൌധരി ആദ്യ മദർ തെരേസ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് ജ്യോതി ബസു അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഹോമി ജഹാംഗീർ ഭാബ ആദ്യ മഹാവീര ചക്രം നൽകിയത് ബ്രിഗേഡിയർ രാജീന്ദർ സിംഗ് ആദ്യ നാഷണൽ പാർക്ക് ഹെയ്ലി നാഷണൽ പാർക്ക് കാഞ്ചൻഗംഗ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാർ മേജർ പ്രേംചന്ദ് നായിക് നിമാ ദോർജി ഷർപ്പ അന്റാർട്ടിക്കയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരി മെഹർ മൂസ് ആദ്യത്തെ വനിതാ ഐ ഓഫീസർ അന്ന ആർ മൽഹോത്ര ഏറ്റവും വലിയ ഓഡിറ്റോറിയം ഷൺമുഖാനന്ദ ഹാൾ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് ആദ്യത്തെ ആദ്യ ആണവ ഗവേഷണ സ്ഫോടനം പൊക്രാൻ ആദ്യ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് രോഹിണി ആദ്യ ഇന്ത്യൻ നിർമ്മിത പട്ടാള ടാങ്ക് വിജയാന്ത ആദ്യ ആണവോർജ്ജ കേന്ദ്രം താരാപൂർ ആദ്യ കാലാവസ്ഥാ പഠന റോക്കറ്റ് മേനക ആദ്യ ശാസ്ത്രനഗരം കൊൽക്കത്ത ആദ്യത്തെ എസ് ലൈൻ ലക്നൌ കാൻപൂർ ആദ്യത്തെ ഐ ലൈൻ മുംബൈ ലണ്ടൻ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഏകരാഷ്ട്രപതി എൻ സജീവ റെഡ്സി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യം ഉപയോഗിച്ച സ്ഥലം പറവൂർ നിയോജക മണ്ഡലം വനിതാ എഞ്ചിനീയർ ഇള മജൂംദാർ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ ചെന്നൈ നിയമനിർമ്മാണ സഭയിലെ ആദ്യ വനിതാ അംഗം ഡോ മേരി പുന്നൻ ലൂക്കോസ് പൈലറ്റ് ലൈസൻസ് നേടിയ ആദ്യ വനിത പ്രേം മാധൂർ ഓക്സിജൻ ഇല്ലാതെ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ഫ്യൂദോർജി ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച ഇന്ത്യൻ സർവകലാശാല ഡൽഹി യൂണിവേഴ്സിറ്റി ആദ്യ വനിതാ ബിരുദദാരി ചന്ദ്രമതി ബസു